നിലനിൽക്കുന്ന സ്നേഹം ലവ് ഈസ് ആൻ എൻലെസ് മിസ്റ്ററി ഫോർ ഇറ്റ് ഹാസ് നത്തിങ് എൽസ് ഇറ്റ് രവീന്ദ്രനാഥ് ടാഗോർ ഉൽപ്പത്തിയൊൻപത് ഇരുപത് അങ്ങനെ റാഹേലിനുവേണ്ടി യാക്കോബ് ഏഴു കൊല്ലം പണിയെടുത്തു അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായേ അവന് തോന്നിയുള്ളൂ വളരെ സൂക്ഷ്മമായും സുന്ദരമായും കൂടുകൂട്ടുന്ന കുരുവികളാണ് തൂക്കണാം കുരുവികൾ കണ്ണിന് കൗതുകം തീർക്കുന്ന ഈ കൂടുകളുടെ നിർമ്മാണത്തെക്കുറിച്ച് ഒരു വായന കിട്ടി കഴിഞ്ഞ ദിവസം ആൺകുരുവികളാണ് കൂട് നിർമ്മിക്കുന്നവർ ഇവർ തങ്ങളുടെ ഇണയെ ആകർഷിക്കാനാണ് കൂട് നിർമ്മിക്കുന്നത് ഒരു കൂട് നിർമ്മിച്ചു തീരുമ്പോൾ തൻ്റെ ഇണയെ ആ ക്ഷണിക്കും ഇണയായ പെൺകുരുവിക്ക് ആ കൂട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൽ നിന്നിറങ്ങിപ്പോകും ഇറങ്ങിപ്പോകുന്ന പെൺകുരുവിയെ പ്രീതിപ്പെടുത്തുവാൻ മറ്റൊരു കൂട് ആൺകുരുവി പിന്നെയും ഏറെ പാടുപെട്ട് നിർമ്മിക്കും അങ്ങനെ ആ പെൺകുരുവിക്ക് പ്രിയങ്കരമാകുന്ന കൂടുണ്ടാക്കുന്നതുവരെ ആ കൂട് നിർമ്മാണത്തിൽ വ്യാപൃതനാകും എന്നാണ് ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ തൻ്റെ ഇണയല്ലാതെ മറ്റൊരു കുരുവിയെയും ആ കൂട്ടിൽ പ്രവേശിപ്പിക്കുകയില്ല എന്നു മാത്രമല്ല മറ്റൊരു കുരുവിയെ തേടി ആൺകുരുവി പോവുകയുമില്ല നിലനിൽക്കുന്ന സ്നേഹത്തിന്റെ വർണ്ണക്കാഴ്ചകൾ ഭൂമിക്ക് സമ്മാനിക്കുന്ന തൂക്കണാംകുരുവിക്ക് എന്റെ ബിഗ് സല്യൂട്ട് സ്നേഹമിന്ന് സ്റ്റാറ്റിക് ആകുന്നില്ല എന്നതാണ് എല്ലാവരുടെയും പരാതി ഒരു ചാറ്റൽ മഴയിൽ മുളയ്ക്കുകയും മറ്റൊരു മഴയിൽ കുത്തിയൊലിച്ചു പോവുകയും ചെയ്യുന്ന ചെറു ചെടികളെപ്പോലെ സ്നേഹം നിലനിൽക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല ഇന്ന് പൊതുവേദികളിലൊക്കെ സംസാരിക്കുന്നത് കോൺട്രാക്റ്റിനെക്കുറിച്ച് മാത്രമാണ് കമ്മിറ്റ്മെന്റ് ഇപ്പോൾ നാം മുഖവിലേക്ക് പോലും എടുക്കുന്നില്ല പുതിയ മക്കളുടെ ലിവിംഗ് ടുഗദർ എന്ന വാക്കുപോലും ഒരു അസ്വസ്ഥതയായി തോന്നുന്നു ഒരുമിച്ച് ജീവിച്ച് കുറച്ചുനാൾ കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിരിയാമെന്നൊക്കെ എത്ര ലാഘവത്തോടെയാണ് പറയുന്നത് തൻ്റെ പ്രാണപ്രിയൻ അന്ധനായതുകൊണ്ട് ഇനിമേൽ എൻ്റെ കണ്ണുകളും ഞാൻ മരണം വരെ മൂടിക്കെട്ടി വയ്ക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ആ പ്രതിജ്ഞ മരണം വരെ നിറവേറ്റുകയുമൊക്കെ ചെയ്ത പുരാണ കഥാപാത്രത്തിൻ്റെ പകർപ്പുകൾ അന്യനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു കൂടെയുണ്ടാകാം മരണം വരെയെന്ന് തമ്പുരാനെ സാക്ഷി നിർത്തി പ്രതിജ്ഞ ചെയ്തിട്ട് മകരം വരെ പോലും കൂടെ നിൽക്കാനാകുന്നില്ലെന്നുള്ളത് തികച്ചും ഒരു കറുത്ത ഫലിതം ഹോസ്പിറ്റലിൽ മരണം കാത്തുകിടക്കുന്ന ഒരു മധ്യവയസ്കയെ പരിചയപ്പെട്ടു അർബുദം അവരെ ഏതാണ്ട് മുഴുവനായും കാർന്നു തിന്നുകഴിഞ്ഞു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് മുറിവിട്ട് പോരാൻ ഒരുങ്ങുമ്പോൾ ഒരു നേരത്തെ സ്വരത്തിൽ ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്റെ രോഗം മാറാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണ്ടട്ടോ എന്റെ ഭർത്താവ് ഇത്രം വരെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് വരാൻ പ്രാർത്ഥിക്കണേ ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന്റെ തലേദിവസം വരെ നിന്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാകും എന്റെ സ്നേഹം നിലനിൽക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ചേർത്ത് ചുംബിച്ചതാണ് മൂന്ന് മാസത്തിലധികമായി ഒന്ന് ഫോൺ വിളിക്കുക പോലും ചെയ്തിട്ടില്ല എനിക്ക് വേറൊന്നും വേണ്ട എടി ഞാൻ കൂടെയുണ്ടോ അത്രയെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാൻ ഈ മരണവേദനയെ അതിജീവിച്ചേനെ നിലനിൽക്കുന്ന സ്നേഹം വാക്കിലാണ് ജീവിതത്തിൽ ഞാനിപ്പോൾ അതറിയുന്നില്ല ഇന്നലെ വരെ കൂടെ നിന്നവർ ഇപ്പോൾ എന്റെ ശത്രുവായത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ബിസിനസ്സിൽ തോറ്റുപോയ സഹോദരൻ നിലവിളിക്കുന്നുണ്ട് എന്റെ പ്രതാപകാലത്ത് എന്നോടൊപ്പം കൂടെ കൂടിയവർ എന്റെ ദുരിതനാളുകളിൽ എന്നെ തനിച്ചാക്കിയിരിക്കുന്നു ജോബിന്റെ സുഹൃത്തുക്കളും ഇതേ സ്വഭാവം തന്നെയാണ് കാണിച്ചത് എന്തിന് ഭാര്യ പോലും അയാളെ തനിച്ചാക്കിയില്ലേ മഹത്വങ്ങളുടെ പറതീസയിൽ കൂടെ നിൽക്കുന്ന പലരും സങ്കടങ്ങളുടെ ഗത്സമനയിൽ കാണാതാവുന്നത് എത്രയോ വേദനാജനകം എത്രയോ പേരാണ് ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷിയായതും അനുഭവിച്ചതും എന്നാൽ അവരിൽ ആരും തന്നെ അവൻ്റെ കാൽവരി യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നില്ല എന്നതുമാത്രം ധ്യാനിച്ചാൽ കാര്യങ്ങൾ നല്ലതോതിൽ നമുക്ക് പിടുത്തം കിട്ടും അത്ഭുതങ്ങൾ സ്വന്തമാക്കിയവർ പോലും അവനോട് നിലനിൽക്കുന്ന സ്നേഹം പ്രദർശിപ്പിച്ചില്ല ആരെ നിങ്ങൾക്കാവശ്യമെന്ന് ദേശത്തെ അധികാരി മാനം രക്ഷിക്കാൻ ശ്രമം നടത്തിയപ്പോഴും ആർക്കും നിലനിൽക്കുന്ന സ്നേഹം പ്രകടിപ്പിക്കാനായില്ല കിട്ടിയ അവസരം അവർ നിഷേധിച്ചെന്ന് മാത്രമല്ല അവനെ ക്രൂശിക്കണമെന്ന് ആക്രോശിക്കുകയും ചെയ്തു നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെ മതുനുകരാൻ ഭാഗ്യമില്ലാത്ത മനുഷ്യരായി നാം അധപ്പത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പൊരുൾ എന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും കണ്ടെത്താനാവുന്നില്ല തണലേകാമെന്ന് പറഞ്ഞവരെയൊന്നും പൊരിവേലിൽ കാണാനില്ല മഴയത്ത് കുടയായി വരാമെന്ന് കുറിച്ചവരെല്ലാം സങ്കടമഴ പെയ്റ്റിൽ എവിടെയാണ് മറഞ്ഞു നിൽക്കുന്നതെന്ന് അറിയുന്നില്ല എല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു എല്ല കൺവട്ടത്തുനിന്ന് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു നിലനിൽക്കുന്ന സ്നേഹത്തിലേക്ക് ഒരുവന് കടന്നു വരാനുള്ള എളുപ്പമാർഗം അചഞ്ചലമായ സ്നേഹം നൽകുന്ന ദൈവത്തിന്റെ ചെയ്തികളെ ധ്യാനിക്കുക എന്നതാണ് ഈജിയൻ കടലിന്റെ പടിഞ്ഞാറെ കരയിലുണ്ടായിരുന്ന പ്രശസ്ത പട്ടണമാണ് ഡെൽഫി അവിടുത്തെ അപ്പോളോ ദേവന്റെ അമ്പലം പ്രസിദ്ധമായിരുന്നു ആ അമ്പലത്തിലെ വെളിച്ചപ്പാടിനോട് അഭിപ്രായങ്ങളും അനുഗ്രഹങ്ങളും തേടി മെസപ്പട്ടോമിയയിൽ നിന്നുപോലും ജനങ്ങളെത്തിയിരുന്നു ആ വെളിച്ചപ്പാടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ശ്രീകോവിലിൽ എത്താനുള്ള ഒരു വാതിലിൽ എല്ലാം കടന്നു എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് സ്നേഹം പോലും നിലനിൽക്കുന്നതല്ല എന്നൊക്കെയാണ് ആ വെളിച്ചപ്പാടുകളും അവിടെയുണ്ടായിരുന്ന തത്വശാസ്ത്രജ്ഞരും ജനങ്ങളെ പഠിപ്പിച്ചിരുന്നത് കടപ്പാട് മൈക്കിൾ കാരിമറ്റം ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് നാനൂറ്റി എഴുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ജീവിച്ച ഹെറാക്ലീറ്റസ് എന്ന തത്വശാസ്ത്രജ്ഞനും പഠിപ്പിച്ചത് മാറ്റങ്ങളെക്കുറിച്ചാണ് ഒന്നും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അദ്ദേഹത്തിൻ്റെ പ്രധാന തത്വചിന്തയെ സംഗ്രഹിച്ചിരിക്കുന്നത് പോലും ചേഞ്ച് എന്നതിനെ ആസ്പദമാക്കിയാണ് ചേഞ്ച് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓൾ തിങ്സ് ഒരു നദിയിൽ ഒരുപോലെ നമുക്ക് രണ്ട് പ്രാവശ്യം കാലുകുത്താനാവില്ലെന്നൊക്കെ തത്വശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ പിന്നെ മിഴിയുയർത്തുന്നത് ദൈവത്തിലേക്കാണ് ശാസ്ത്രവും തത്വശാസ്ത്രവും സംസ്കാരവും സമൂഹവും രാഷ്ട്രവുമെല്ലാം നിലനിൽപ്പില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും സംഹിതകളെക്കുറിച്ചും വാചാലമാകുമ്പോൾ ദൈവം നമ്മുടെ കൊച്ചുബുദ്ധിക്ക് പറഞ്ഞു തരുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കും എന്റെ സ്നേഹം അചഞ്ചലമാണ് എന്നു തന്നെയാണ് ഞാൻ ആൽഫയും ഒമേഖയുമാണെന്നൊക്കെ ദൈവമല്ലാതെ മറ്റാരും നമ്മോട് ഇതുവരെ പറഞ്ഞിട്ടില്ല പഴയ നിയമചരിത്രമെല്ലാം അചഞ്ചലമായ ദൈവസ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് മനുഷ്യൻ തൻ്റെ സൃഷ്ടാവിനെതിരെ തിരിഞ്ഞപ്പോഴും അന്യദേവത്തെ പൂജിച്ച് സ്വയം നശിക്കാൻ തയ്യാറായപ്പോഴും ദൈവം അവരെ മരണപാശത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ രക്ഷാകര ചരിത്രവും അചഞ്ചല സ്നേഹത്തിൻ്റെ നീർധാരയുമാണ് പഴയ നിയമചരിത്രം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിയുമ്പോഴും ദൈവം അവരെ കൈവിട്ടില്ല തനിക്കെതിരെ പിറുപെറുത്തവരെയും കൊലപാതകികളെയും അവിടുന്ന് മാറോട് ചേർത്തു ഇനി വിമോചനം സാധ്യമാവില്ലെന്ന് നിലവിളിക്കുന്നവർക്ക് മുമ്പിലേക്ക് ദൈവം നേരിട്ട് ഇറങ്ങിവരുന്ന സന്ദർഭങ്ങൾ ഒരിക്കലല്ല നൂറാവർത്തി നാം കാണുന്നുണ്ട് യഷയ്യായുടെ പുസ്തകം മാത്രം വായിച്ചാൽ ഈ വലിയ സത്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടും സിയോൻ പറഞ്ഞു കർത്താവ് ഉപേക്ഷിച്ചു എന്റെ കർത്താവ് എന്നെ മറന്നുകളഞ്ഞു മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യശയ്യ നാൽപ്പത്തിയൊൻപത് പതിനാറ് അതേ അധ്യായത്തിൽ തന്നെ നാം ഇപ്രകാരം വീണ്ടും വായിക്കുന്നു കർത്താവ് അരുൾ ചെയ്യുന്നു ശക്തനിൽ നിന്ന് അടിമകളെ വിടുവയ്ക്കുകയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ ഞാൻ രക്ഷിക്കുകയും ചെയ്യുന്നു യശയ്യ നാൽപ്പത്തിയൊൻപത് ഇരുപത്തിയഞ്ച് യശയ്യ അൻപത്തിനാലാം അധ്യായത്തിലും ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹമാണ് വർണ്ണിക്കുന്നത് എൻ്റെ അനന്തമായ സ്നേഹത്തോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളിച്ചെയ്യുന്നു കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല യശയ്യ പത്ത് വരെ വാക്യങ്ങൾ ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം എപ്പോഴാണ് കൂടുതൽ വെളിപ്പെടുന്നത് ഒന്ന് ഭാരപ്പെടുമ്പോൾ അവിടുത്തെ തിരുവചനം ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു നീ ഭാരപ്പെടുന്ന സമയങ്ങളിലെല്ലാം നിന്റെ കഠിനമായ ഭാരമെല്ലാം ഞാൻ എടുത്തു നിന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്യും ഞാൻ നിന്റെ തോളിൽ നിന്നും ഭാരമിറക്കു നിന്റെ കൈകളെ കുട്ടയിൽ നിന്നും വിടുവിച്ചു സങ്കീർത്തനങ്ങൾ എൺപത്തിയൊന്ന് ആറ് സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു അന്ന് ഞാൻ അവരുടെ കഴുത്തിലെ നുഃഖം തകർക്കും കെട്ടുകൾ പൊട്ടിക്കും വിദേശികൾ അവരെ അടിമകളാക്കുകയില്ല ജർമിയ മുപ്പത് എട്ട് രണ്ട് ദുരിതം അനുഭവിക്കുമ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞ് ദുരിതവഴിയിൽ വീണുപോയ ഒരുവനെയും ദൈവം കൈവിട്ടിട്ടില്ല കാനാൻ ദേശം സ്വന്തമാക്കാനാവില്ലെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയപ്പോഴും യാത്രയിൽ ഇസ്രായേൽ മക്കൾ ദുരിതമനുഭവിച്ചപ്പോഴും ദൈവം തൻ്റെ അച്ചഞ്ചല സ്നേഹം വെളിപ്പെടുത്തി നവോമി റൂത്തിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ദുരിതവഴിയിൽ വീണുപോയ റൂത്തിനെ ദൈവം കൈപിടിച്ചുയർത്തി മിണ്ടാതിരിക്ക് നീ ഒന്നിനും കൊള്ളാത്തവനാണ് ദുരിതമനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനാണെന്ന് വിധിയെഴുതുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ഉഴരുന്ന അന്തനായ ബർത്തേമിയൂസിനെ ദൈവം ആ ദുരിതത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും തൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും ഇരുപത്തിയഞ്ച് എട്ട് ദുരിതങ്ങൾ എനിക്കുപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് എഴുപത്തിയൊന്ന് മൂന്ന് ശത്രുക്കളേറുമ്പോൾ ശത്രുക്കളെ ഭയപ്പെട്ട് ഓടിയവർക്ക് രക്ഷകനായി ദൈവമെത്തി അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു നശിപ്പിക്കാൻ ശത്രു കൊണ്ടുവന്ന രഥങ്ങളെയും സൈന്യത്തെയും ദൈവം കടലിൽ മുക്കിക്കളയുകയും രഥങ്ങൾ മറിച്ചിടുകയും ചെയ്തു നിനക്ക് ഇതാ ഞാൻ ശത്രുവിനെ പരാജയപ്പെടുത്തും നീ ഭയപ്പെടേണ്ടതില്ലെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു നെഹമിയയുടെ പുസ്തകത്തിലും നാം ഇതുതന്നെയാണ് വായിക്കുന്നത് ശത്രുക്കളുടെ പീഡനമേറ്റ് അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു കാരുണ്യാതിരേഗത്താൽ അവിടുന്ന് രക്ഷകന്മാരെ അയച്ച് അവരെ ശത്രു കരങ്ങളിൽ നിന്ന് രക്ഷിച്ചു നെഹമിയ ഒൻപത് ഇരുപത്തിയേഴ് രണ്ട് ൊൻപതിലും വായിക്കുന്നത് ശത്രുക്കളെ തോൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ് ശത്രുക്കളിൽ നിന്നും അവിടെ നിന്നെ രക്ഷിച്ചു വൈരികൾക്കുമേൽ എന്നെ ഉയർത്തി അക്രമികളിൽ നിന്ന് അവിടെ വിടുവിച്ചു രണ്ട് സാമുവേൽ ഇരുപത്തിരണ്ട് ശത്രുക്കളിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിച്ചു വൈരികൾക്കുമേൽ എന്നെ ഉയർത്തി അക്രമികളിൽ നിന്ന് അവിടെ വിടുവിച്ചു സങ്കീർത്തനങ്ങൾ പതിനെട്ട് നാൽപ്പത്തിയെട്ട് ചുറ്റുമുള്ള എല്ലാം കീഴടക്കി കർത്താവ് ഇസ്രായേലിന് സ്വസ്ഥത നൽകി ജോഷുവനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴികളിലൂടെ പലായനം ചെയ്യും നിയമാവർത്തനം ഇരുപത്തിയെട്ട് ഏഴ് നാല് അപവാദശരങ്ങളേൽക്കുമ്പോൾ ജനം ജനത്തിനെതിരെ തിരിയുന്ന നാൾ വന്നാലും ചെയ്യാത്ത കുറ്റത്തിനുവേണ്ടി നീ പീഡിപ്പിക്കപ്പെടുമ്പോഴും അപവാദങ്ങളേറ്റ് മേനീ മുറിയുമ്പോഴും സ്വർഗത്തിലിരുന്ന് നോക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം ഇറങ്ങിവന്ന് മാറിൽ ചേർത്ത് ചുടിച്ചുംബനം നൽകി കുഞ്ഞേ നീ കരയല്ലേ നീ എൻ്റെ പ്രിയ പൈതലല്ലേ എന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടേത് സങ്കീർത്തനത്തിൽ പലയിടത്തും ദൈവം മനുഷ്യനെ അപവാദങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിൻ്റെ പാഠഭേദങ്ങളാണ് രചിച്ചിരിക്കുന്നത് എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എന്റെ ശിരസ് ഉയർന്നു നിൽക്കും സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴ് ദുർവാർത്തകളെ ഞാൻ ഭയപ്പെടില്ല കാരണം എന്റെ ദൈവം എന്നെ സംരക്ഷിക്കും അവന്റെ സ്നേഹം അചഞ്ചലമാണ് സങ്കീർത്തനങ്ങൾ ഏഴ് അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു നിന്ദ വചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചുവെച്ചു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയൊന്ന് ഇരുപത് ഇങ്ങനെ അചഞ്ചലമായ സ്നേഹം നൽകുന്ന ദേവം കൂടെയുണ്ടെങ്കിൽ സുഹൃത്തെ പിന്നെ നീയും ഞാനും എന്തിനാണ് വിലപിക്കുന്നത് നിലനിൽക്കുന്ന ദൈവസ്നേഹത്തിലേക്ക് അവിടുന്ന് നമ്മയും ക്ഷണിക്കുന്നുണ്ട് ആ ക്ഷണം സ്വീകരിക്കുവാൻ ഒരുങ്ങേണ്ട സമയമാണിത് വിശുദ്ധ ലിഖിതത്തിലെ കഥാപാത്രങ്ങൾ മാത്രമല്ല അറിയപ്പെടുന്ന പലരും ഈ സ്നേഹം തിരിച്ചറിഞ്ഞവരാണ് അതിന്റെ പ്രതിനന്ദിയായി ദൈവം തങ്ങളോട് കാട്ടിയ അചഞ്ചല സ്നേഹത്തിന് അവർ പ്രത്യുത്തരം നൽകാനും മറന്നിട്ടില്ല അത്തരം ചിലരെ ഓർക്കുന്നത് നല്ലതാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ച ഗുട്ടൻബർഗ് ആദ്യം അച്ചടിച്ചത് ബൈബിളായിരുന്നു ടെലഗ്രാഫ് കണ്ടുപിടിച്ച എഫ് ടി മോർസ് ആദ്യമായി ടെലഗ്രാം ചെയ്തത് ബൈബിൾ വചനം സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ആയിരുന്നു വൈദ്യുതി ഉൽപ്പാദനത്തിന് വഴിതെളിച്ച ഡൈനാമോ ട്രാൻസ്ഫോർമർ ഇലക്ട്രിക്കൽ മോട്ടോർ ഇവ കണ്ടുപിടിച്ച മൈക്കിൾ ഫാരഡേ പിന്നീട് ദൈവവചനം പ്രസംഗിക്കാൻ തീരുമാനിച്ചു വാനനിരീക്ഷണശാസ്ത്രത്തിൻ്റെ പിതാവ് ജഹാനസ് കെപ്ലർ ദൈവമാണ് തന്റെ പരീക്ഷണങ്ങളെ സഹായിച്ചതെന്ന് ഹാർമണി ഓഫ് ദ വേൾഡ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി ദൈവത്തെ കൂടാതെ തന്റെ ശാസ്ത്ര നിലനിൽപ്പില്ലെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ കുറിച്ചു വച്ചു ആദ്യമായി വിമാനം പറത്തിയ വിൽപർ റൈറ്റും ഓർവൽ റൈറ്റും തങ്ങളുടെ വിജയത്തിന് പിന്നിൽ ദൈവത്തിൻ്റെ അച്ചഞ്ചല സ്നേഹമാണെന്നും സാപത്താചരിക്കാൻ ദൈവം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്പെയിനിലെ രാജാവിനോട് പറയുകയുണ്ടായി റേഡിയോ കണ്ടുപിടിച്ച മർക്കോണിയും പങ്കുവെക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ അചഞ്ചല സ്നേഹം കൊണ്ടാണ് തനിക്ക് ഈ ഉപകരണം കണ്ടുപിടിക്കാനായത് എന്നാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിന് നന്നി സൂചകമായി റേഡിയോയിലൂടെ ആദ്യം സംപ്രേഷണം ചെയ്തത് ഈശോ പഠിപ്പിച്ച സുർഗസ്ഥനായ പിതാവേ എന്ന ചപമായിരുന്നു അവലംബം ഷാജൻചെ അറയ്ക്കൽ എഴുതിയ മന്ന എന്ന പുസ്തകത്തിൽ നിന്ന് ഒരു പാരക്ലീത്ത പ്രസാധനം അചഞ്ചലമായ സ്നേഹം നമ്മെ പൊതിയുന്നുണ്ടെന്ന തിരിച്ചറിവ് സ്വന്തമാക്കിയാൽ പിന്നെ ആ സ്നേഹം നമ്മുടെ കർമ്മ വഴികളിലൂടെ നമുക്കും പ്രദർശിപ്പിച്ചു തുടങ്ങാം ഇനി ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കരം പിടിച്ച് അചഞ്ചല സ്നേഹം സ്വന്തമാക്കുവാനും മറ്റുള്ളവർക്ക് പകരാനുമുള്ള എളുപ്പവഴികൾ കൂടി കുറിച്ച് ഈ കുറിപ്പ് അവസാനിപ്പിക്കാം ഒന്ന് എല്ലാം മറക്കുക ചില കാര്യങ്ങൾ ബോധപൂർവം മറക്കാൻ പരിശീലിക്കുമ്പോഴാണ് അചഞ്ചല സ്നേഹം ഒരുവനിൽ നിറഞ്ഞു കവിയുകയുള്ളൂ പൂർവ്വ ജോസഫ് തൻ്റെ മകന് നൽകുന്ന പേര് നമുക്കും നമ്മുടെ മക്കൾക്ക് നൽകാവുന്നത് തന്നെയാണ് മനാസെ മറക്കുക എല്ലാം മറക്കുക രണ്ട് എല്ലാം പൊറുക്കുക മനസ്സറിഞ്ഞ് ക്ഷമിക്കാൻ പഠിക്കുമ്പോഴേ അചഞ്ചല സ്നേഹം ഭൂമിയിൽ ഊച്ചൂടുകയുള്ളൂ സ്വന്തം സഹോദരി തന്നെ കോടതി കയറ്റി എന്ന ഒറ്റ കാരണത്താൽ അൻപത് വർഷമായി മിണ്ടാതിരിക്കുന്ന അമ്മച്ചിയെ പരിചയമുണ്ട് ഇപ്പോഴും തന്നെ വേദനിപ്പിച്ച സഹോദരിയോട് പൊറുക്കാനാവാതെയാണ് ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ചില തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് പുറത്തേ മതിയാകും മൂന്ന് എല്ലാം ശരിയാകും എന്ന് ചിന്തിക്കുക എല്ലാം ശരിയാകും എന്ന ചിന്ത ഒരു നല്ല മരുന്ന് തന്നെയാണ് ശരിയാകാതെയായി എന്ന് ഒരിടത്തും ഉണ്ടായിട്ടില്ല ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം നന്മയാകുമെന്ന് കരുതി ജീവിക്കുമ്പോൾ മറ്റുള്ളവരോട് അചഞ്ചല സ്നേഹം പ്രകാശിപ്പിക്കാൻ നമുക്ക് വെട്ടം കിട്ടും നാല് ദൈവപായത്തിൽ ജീവിക്കുക എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ടെന്നും ദൈവം എന്നെ വാരിക്കോരി സ്നേഹിക്കുന്നുണ്ടെന്നും മനസ്സിനെ പഠിപ്പിക്കുക അപ്പോൾ ആ സ്നേഹം നമ്മുടെ മനസ്സിൽ നിന്നും അണപൊട്ടിയൊഴുകുകയും അചഞ്ചല സ്നേഹം മറ്റുള്ളവർക്ക് നൽകാൻ നമ്മെ പ്രാപ്തമാക്കുകയും ചെയ്യും അഞ്ച് ഭൂമിയിൽ നാം സ്ഥിരവാസികളല്ലെന്ന് ബോധ്യപ്പെടുക മുപ്പത്തിയാറായിരം ദിവസത്തിൻ്റെ ഇൻഷുറൻസ് പോളിസി മാത്രമുള്ളവരാണ് നാം ഒരു സുനാമി വന്നാൽ ഒരു ഓക്കി വന്നാൽ തീരാവുന്നതേയുള്ളൂ എല്ലാം ഏഴ് ലക്ഷം മണിക്കൂറുകളെ നമുക്കായി ഈ ലോകം കരുതി വച്ചിട്ടുള്ളൂ അതിൽ തന്നെ രണ്ട് ലക്ഷം മണിക്കൂർ നാം ഉറങ്ങി തീർക്കുന്നു രണ്ട് ലക്ഷം മണിക്കൂർ ബാല്യവാർദ്ധക്യകാലങ്ങളായി നമ്മെ വിട്ടുപോകുന്നു ബാക്കിയുള്ള ഈ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിനെ പഠിപ്പിച്ച് അചഞ്ചല സ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ നമുക്ക് പരിശ്രമിക്കാം ആറ് മരണശേഷം സ്വർഗവും നരകവുമുണ്ടെന്ന് മനസ്സിൽ പോറിയിടുക പുനർജന്മം സാധ്യമല്ലാത്ത നമുക്ക് ഈ ജന്മത്തിൽ തന്നെ സ്നേഹിച്ചേ മതിയാകൂ എങ്കിലെ യുഗങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇടം കണ്ടെത്താനാവൂ എന്ന് മനസ്സിനെ പഠിപ്പിക്കുക എന്നതാണ് കരണീയം നരകാത്നിയിൽ വീഴുന്നവർ അചഞ്ചല സ്നേഹം സൂക്ഷിക്കാത്തവരാണെന്ന് സഭയും ബൈബിൾ പഠനവും കൂടെ കൂടെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് കേൾക്കാൻ കാതുകൊടുക്കുക പ്രിയ സുഹൃത്തെ നിന്റെ അചഞ്ചല സ്നേഹത്തിനായി കാത്തുനിൽക്കുന്നവർ പുറത്തുണ്ട് അവരെ നീ നിരാശനാക്കരുത് ഫാദർ സ്റ്റാർസൺ ജെ കള്ളിക്കാടൻ എഴുതിയ ദൈവം ഇടപെടുന്ന വഴികൾ എന്ന പുസ്തകത്തിലെ ഒരധ്യായമാണ് നാം ഇപ്പോൾ കേട്ടത് ഈ പുസ്തകത്തിന്റെ പേപ്പർ ബാഗ് അല്ലെങ്കിൽ കിൻഡൽ ഡിജിറ്റൽ എഡിഷൻ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സോഫിയ ബായ് ഡോട്ട് കോം സന്ദർശിക്കുക